आत्मदरणरि पर तेस्त स्विगम अवहाय मल प्रतितम अतम्लु रथस्थ धृतरथचरण्य चल गुर हिम गदोत्तरी ശിതവിശിഖോ വിശിർണദംശതജപരിപലുതായി നോ മേ പ്രസഭമ സഭവതു മേ ഭഗവാൻ ഗതിർ മുദ വിജയരഥകുടുംബ ആത്രേ ധൃത ഹയരശ്നി തേക്ഷണീയേ ഭഗവതി രതിരസ്തു മേ മുർഷോര്യഹ നിരീക്ഷ്യം ലളിതഗതിവിലാസവൽഗുഹാസപ്രണയനിരീക്ഷണകൽമാനൃതമനുകൃതവന്മദ പ്രകൃതിമഗൻകിരയസ്യോപ്വാനികൃപര്യസങ്കുലേന്ധ സദസി യുധിഷ്ഠിരരാജസൂയേഷം അർഹണമുപേദോ മമ ദൃശിഗോചരേഷ ആവിരാത്മാ ൃതി ഹൃധിഷിതം ആത്മകൽപ്പം പ്രതിദൃശമ നൈകഥാർക്കും സമധിഗതസ് വിധൂതഭേദമോഹസൂത ഉച്ച കൃഷ്ണേം ഭഗവതി മനോവാഗൃഷ്ടിവൃത്തി ആത്മനാത്മാനമാവേശ്യ സോന്ദശ്വാസാരമൽ സർവത്ര ഗോവിന്ദനാമസീർത്തോവിന് ഗോവിന്ദം സമ്പാ ഭീഷം ബ്രഹ്മണി നിഷ്കളേ ബഭൂസ്തേ തൂഷണീം വയാം സീവദിനത്യേ തത്ര ദുന്ദുഭയോദോ 啊 ശശംസുസാധവോ രാജ്യം കാൽപ്പേ ദുഃ പുഷ്പവൃഷ്ടേത ഭാർഗവാ യുധിഷ്ഠിര കാരയുഹൂർ ദുഃഖിതോഭവൽ തുഷ്ടൂർ മുനയോ ഹൃഷ്ടാ കൃഷ്ണുഹ്യമാമഭി തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയോ പുനഃ തോ യുധിഷിരോ സഹ കൃഷ്ണോ ഗയം പിതരം സാ ത്വയാന്ധാരീ ത ുദേവൈതം വിഭുമത്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംതമസ്കന്ധേ യുധിഷ്ഠിരരാജ്യ പ്രലംഭോ നവമോധ്യം ഹുരിക്തൃധ അതദായനോ യുധിഷിരോധർമ്മഭൃദം വലിഷ്ടനുജ പ്രത്യവരുദ്ധഭോജന കഥം പ്രവൃത്തമകാഷീ താശ്രീസൂത വംശം ഗുരുവശനിവാക്തിനിഹൃതം സംരോഹയോഹരിനിവേശിവാ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമന ബഭൂവ നിശമ്യഭീഷ്മോക്ത അച്ഛ്യുതോക്തം പ്രവൃത്ത വിജ്ഞാനവിധൂത വിഭ്രമ സശാസാ ഇന്ദ്രൈവാജിദാശ്രയ പരിധ്യുപാന് മനുജാത്തി കാമം വർഷപർജന്യസാമദുഖാമഹി ശ്രീജുസ്മൃഗാ പയസോധസ്വതിമുദാ നദ്യസ് മുദ്രാഗിരേസ് വനസ്പതി വീരുധ ഫലന്യോഷയെ സർവ കാമന് നാഥയോ വ്യാധയക്ലേശ ദൈവതാത്മഹേതവാജാശത്രൂനം ഉഷിത് ഹസ്തിനപുരേ മാസാ കഥയൻ ഹരിസൂദം ജപിശോകരി പരിശുജം ആര്യോഹരം കഷ്ടി പരിഷക്തോഭിവാദിതാജപതീകുന്ദീവിരാടനയാത്രം ീതൃമൗ മൃഗോധ്യോം സത്സംഗാസ്സംഗസഹീകീർത്തിയർഗം ദർശനസ്പർശനസ്പശ സല്ലയനസനൈ സീക്ഷേ നിര്യാതകാര നിത്യാരോ നഗാരോ നോഭദ്രം ബ്രിയ ബദംഗശങ്കണവോമുഖുന്തുര്യാനകുസ്ഥിഖരൂഢാ ദുക്ഷേ കൃഷ്ണം പ്രേമപ്രീഡാസ്മിക്ഷണം സിദ്ധാന്തം രത്യേ പരമാകീര്യമാണ് യാംക്ഷതിസാരം സൂര്യോ േേഷുഹേഷേണീവ യശോഭവായ രൂപേയുഗേം അഹോലം ശ്ലാഖ്യതമംസാവം യുഗ്രഹേഷലോകം സമതിപ്പം നൂലം വധസ്തൃതീതരാമൃതം എ മേരേ പ്രമത് കേ ജൈതിയ പ്രമുഖാനിക ശുസ്മേന പ്രദ്യുമ്ന സംബാംബ സുദാലയോ ബരാ യാชาഹത ഭൗമമതീ സഹസജ ഏദാ പരം സീതോ അവാസ്തവേഷലം നിരസ്ത സൗജംബ ജസാതു ഉർവദേ യാസാങ്ഗ്രിഷാ പുഷ്കല രോജന പദര ജാ ത്വവതി അപത്യഹ ദേവരഹ നിസ്പശൻ യവം വിധാകൃതന്ദീനാം സപി പരിയോഷതാം निरीക്ഷണേന അഭിനന്ദന സസ്മേതേ ഊഹരി അജാലശത്വപദനം ഗോവീതായ മധുരശ പരീഭശംഗതസഹാൽ പ്രായു ചതുരംഗീയം അതദൂലാകദശൗരി കവലവാൻ വിധാതരം സന്നിമർത്യാ ധർമ്മസിദ്ധാൻ ഭാഗ്യാത്സലഗരി ഹിംരീ കുരിജംഗലപഞ്ചാലം ശൂരസേനൻ സയാവനം ബ്രhmaവർതം കുരിക്ഷേത്രം മത്സ്യാൻ സരസുരാണദ മരിത്ധന്യമദിക്രമ സൗവീരാഭീദേയോ പരാം ആനത്താം ഭാഗവവംഗ ആനർത്താൻ സുപവ്രജ്യവർജ്ജനപതാ സ്വകാൻ ദോദരവരം തേഴാം വിഷാദം ശമയന് സ ഉച്ച കാശേധവളോധരോധരപ്പിരുക്രമസോണശോണിമാന കരഗംജ സംഭുടേ യഥാജണ്ടേ കളഹം സൗൽസ്വനുശ്രു ഭയഭയാർ ഭർത്തൃ ദർശന തോപനീതരവേർ ദീപം ആത്മാരാമം പൂർണ്ണ കാമം നിജ ലാഭേന നിത്യഭുൽ മുഖാ പ്രോജുർഹർഷയാതരംഹൃദമവിതാരവാർഭാസ് നദാസ്മദേജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്ര വന്ധിതം പരാണം ക്ഷേമ മഹേച്ഛതാം പരം നയത്ര കാല പ്രഭുൽ പര പ്രഭു ഭവാസ് സ്വംഭവ വിശ്വ ഭാവന മേ മാതാധ സുഹൃൽ പതി പിത സൽഗുരുന പരമൈവതം വ്യാപൃതി അഹോ സ നഥതാസ്മേ ദ്വയം തയ വിഷ്ടമൂരദർശനം േമസ്രീക്ഷണോധുധകൃഷ്ടേർ ഉദ്യാനോപനാരമേതൽ ശ്രീയം ഗോപുരദ്വാരകേഷം ചിത്രധ്വജ പതാഗ്രേരന്ധ പ്രതിഹദവാം സമ്മാർജിത മഹാമാർഗരധ്യപണക ചരാം സിക്തം ഗന്ധജലൈരുതൽ ഫല പുഷ്പാക്ഷതരൈ ദ്വരിവാരി ഗൃഹംക്ഷത ഫലേക്ഷുഭേ അലങ്കൃതംഭേർഭേർപീപകോ മഹാമന അക്രൂരശ്ചോനശ്ചരാമ്ചാത്ഭുത വിക്രമ പ്രത്യുനചാരുശ്ശാഭോജം പ്രഹർഷവേഗോതശ്ശയനോജന വാരണേന്ദ്രം പുരസ്കൃതൂല ബ്രഹ്മഘോഷേണാജ്മൂ രഥേ പ്രണയാഗതാ ഗ്ലോകത്ഭുതൂ പൗരാണമനു വർത്തിന യഥാദ്യുപ്യേഷാം മാനവാധേ പ്രഹ്വാഭിവാദ കര സ്ഥിക്ഷണേ ആശ്വാസ്യാഭമത സ്വയംഭ സദാരൃമചുവാസ വരപ്പാത്രം മുഖം ദൃശ്യം ബാഹവോ ലോകപാ സാരം പദുജം സിതാത്രജനെരുപസ്കൃത ർവിന ശനം അനുത്തമം പ്രാസാദയ പത്നീന സഹസ്രാണി ചോടതി ഗൃഹാനുവാഗതം വിലോക സഞ്ജാത മനോ മഹോത്സവ ഉത്തുനാരാസാസനൃതേർതോന സമാത്മജേദൃഷ്ടിരന്തരാത്മന ദുരന്തപരിരെഫിരേവതി നിരുദ്ധ്യമപ്യവദംബുനേത്രയോ വിലജ്ജതി മൃഗവര്യവൈക്ലവാല് യപ്യസോ വാർശ്വഗതോരഹോ ഗതസ്ഥയുഗം നവം നവം പദേ പേ കാരമേതൽപദാൽ ശ്രീനജഹാദിഗരിയൽ നൃപാണം കിതിഭാര ജന്മനക്ഷോഭിണീ പരിവർത്തേജസം വിധായ വൈരംശസനോ യഥാനലം യുധോ വധേ നോ വരതോ നിരായുധ സ എ നരലോകെസ്മവതീർണസ്വമാ റെയ്രത്നഗൂഢസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാമാവശുനലവവൽഗുഹാസവ്രീടാവലോക നിഹതോ മദിനോ മദോത്തമാരിയം വിമധിതു ഗുഹൈർന ശേകോ തമയം മഞ്ഞത്തെ ലോകോ ഹ്യസംഗമ ആത്മഹമ്യേന മനുജം വ്യാപൺവാനം യോ ന യുജ്യത്തെ സാത്മസ്ഥൈര്യഥുദ്ധി താശ്രയാണേ ശ്രീശൌനഗൗവാ ബ്രഹ്മ ശീഷ്ണോരുതേജസ ഉത്തോവിത പുന ബുദ്ധേ കർമാണി ചാത്മന നിധനം ചീൽ സ പ്രേത് ഗതാഥം ശ്രോതമിച്ഛാമോ ഗതിയ മന്യസേ ബ്രൂഹിണ ശ്രദ്ധാദാച്ഛുക്ക സൂത ഉചീബലധർമ്മരാജ പിതൃഭ്രഞ്ജയൻ പ്രജ നിസ്പൃഹസാഭ്യണപാദ സേവയ സമ്പദ കൃതവോ ലോകാ മഹിഷീ ഭതരോ മഹീ ജൂദ്വൈപാധിപത്യ ജയശ്ചത്രിദിവതം കിം തേ കാസുരസ്വാർ മുകുന്ദ മനസോ ദ് അധിജഹുർമുദം രാജ്യ ക്ഷുധിത സേഥേതരെ മാ ദുർഗർഭോ വീര സതദാ ുഷ്ടത്രം അമലം സ്ഫുരൽ പുരഡമൗലിം അപീച്യ ദർശനം ശ്യാമം തടിവാസസം അച്യുതം ശ്രീമദ്ദീർഘർബാഹു തത്മന സർവദോദിശം പരിഭ്രമന്താഭാ ഭ്രമയന്തം ഗുഹു അസ്ത്രേജസ്വ ഗീഹാരവ ഗോപതി വിധമന്തം സന്ധിഷേ പര്യക്ഷതകൈത്യസൗ വിധൂയത വൈ ആത്മാ ഭ ഭഗവാൻ ധർമ്മ മിഷതോ ദശമാസയ തത്രൈവാന്തർദേ ഹരി തണോദർക്കേ സൂലഗ്രഹോദ വംശധര പാണ്ടോർഭൂയ പാണ്ടുരിവൗജസ തയ്യീതമനാരാജ വിപ്രൈഹൗമ്യകൃപതിഭീജാതകം കാരയാ മാസ തമോജുർബ്രാഹസ്തുഷ്ട രാജാനം പ്രശ്രയാന്വിതം ഏഷഹ്യസ്ൻ പ്രതൗ പുണ പൗരവരുഷഭ ദേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേഷീരാതോർ വിഷുന പ്രഭവിഷ്ണുന തസ്മാ വിഷ്ണുരാദിതി ലോകേ ബൃഹശ്രവാ ഭവിഷ്യതിന്ദേേഹോ മഹാഭാഗവതോ മഹാൻ ശ്രീധരിശ്ചിരൗവാച്യേഷ്യൻ രാജർഷീൻ പുണ്യശ്ലോകാൻ മഹാത്മന അനുവർത്തി സ്വിദ്യശസാ സാധുവാദിന സത്തമാ ബ്രാഹ്മണ ഊചുഃ പാർ പ്രാവിതാക്ഷാദിക്ഷ ഗുരിവ മാണവ ബ്രഹ്മണ്യ സത്യസന്ധശ്ചാമോദാ ശരധീരിയഥ്യ ശിവ യശോ വിത നിതാസ്വാന ദൗഷ്യന് ദിരിവയജ്വന ധന്വിനഗ്രണീരേഷ്യശ്ചാർജുനയോർദ്വയോ ഉദൈവ ദുർധർഷ സമുദ്രൈവ ദുസ്ഥര മൃഗേന്ദ്രവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിരിക്ഷുർവസുധേവാസൌ സഹിഷ്ണു പിതരാവിതാമഹ ആശ്രയ സർവൂതോരമാശ്രയ സർവസുണമാത്മീഷ കൃഷ്ണമനോവ്രത രന്തിോയയാദിരിവധാർക ധൃത്യാലിസമ കൃഷ്ണേ പ്രഹ്വാദൈവ സദ്ഗ്രഹ ആഹർത്തൈഷോഷമേധാ വൃദ്ധാ രാജീണതാ ശാസ്ത ചോൽപഥഗാമി നിഗ്രഹീത കളേരേഷ ഭുവോ കാരണാൽ തക്ഷാദാത്മനോ മൃത്യു ദ്വിജപുത്രോപർജിതാൽ പ്രവൽസ്യത ഉപശ്രുത്തി മുക്തസംഗ പദേ ജിജ്ഞാസിൽമയാഥാത്മ്യോ മുനേറവ്യാസസുതാസൗ ഹി ത്വദം നൃപഗംഗാസയർകുഭയം ഇതിാദിഷ്യപ്രാഹ ജാതകോവിദാതിരയസ്സേ പ്രതിജ്മോ സ്വകാൻ ഗൃഹൻ സ എോകെസ്ൻ സ എോകെ വിഖ്യത പരീക്ഷിതിയൽ പ്രഭൂ ഗർഭേ ദൃഷ്ടമനുധ്യയൻ പരീക്ഷേത നരേഷ സ രാജപുത്രോ വൃധേയാശു ശുക്ലൈവോഡുവാപൂര്യമാണ പിതൃഭാഷരിവസോന്വഹം യക്ഷ്യമാണോശ്വമേധേന ജ്ഞാതിദ്രോ ഹരിഹാസയ രാജാലധധനോദ്യ കരദണ്ഡയോ തദ്തമാ ലക്ഷ്യഭാതരോച്യുതചോദിരാ ധനം പ്രഹീണമാജഹൃദീച്ചന്ദിശി ഭൂരിശ തന്നൃതസംഭാരോ ധർമ്മ പുത്രോ യുധിശ്ര വാജിമേധൈ സ്ത്രീ ഭീതോ യജ്ഞ സമയ ജരി ആഹൂതോ ഭഗവാൻ രാജ്യാജ് ദ്വിജയർ നൃവം ഉസകതിജിന്മാസുഹൃദാമ്യ തോരാജാ കൃഷ്ണയാഹ ബന്ധു യയോ ദ്വാരതീമൻ സാർജുനോ യുഭവ്രത ശ്രീമദ്ഭാഗവത്തെ മഹാപുരാണേ പാരമംസ്യ കന്ധേ നൈമിഷീയോ വാഖ്യനീ പരീക്ഷി ജന്മാദ്യുൽക്കഷോ നമ ഷോധ്യ ഗോവിന്ദീർത്തോവിന്ദ ഹരേ ഗുരുവായൂരപ്പിമവൽ പവതത്തിന്റെ സാനുപ്രദേശങ്ങളിൽ ഒരിടത്താണ് സാക്ഷാൽ ശ്രീ വേദവ്യാസ മഹർഷീശ്വരൻ തൻ്റെ ശേഷ ആയുഷ്കാലം ഈശ്വരസ്മരണയ്ക്കായിട്ട് നീക്കി വെച്ച് തന്നെ ധ്യാനിച്ചു കഴിയാൻ ശ്രമിച്ചത് പക്ഷേ ഭഗവാൻ്റെ സച്ചിദാനന്ദ സ്വരൂപം മനസ്സിൽ വേണ്ടത്ര വ്യക്തമാകാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് അല്പം മനസ്സിനൊരു വിഷമമുണ്ടായത് ശ്രീനാരദ മഹർഷി വന്ന് മനസ്സിലെ ആ വിഷമം മാറ്റിക്കൊടുത്തു സൂര്യൻ ഉദിച്ചാൽ ഇരുട്ട് താനേ പോകുന്നത് പോലെ സജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഹൃദയത്തിലുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും വേദവ്യാസനെ പോലുള്ള പുണ്യാത്മാക്കൾക്ക് പോലും ഷമ്യാപ്രാസം എന്നാണ് വേദവ്യാസൻ തൻ്റെ ആശ്രമത്തിന് അഥവാ ആവാസസ്ഥാനത്തിന് പേര് നൽകിയിട്ടുള്ളത് സരസ്വതി നദിയുടെ പ്രഭവസ്ഥാനത്തിന് തൊട്ടടുത്താണ് ഈ ഷമ്യാപ്രാസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുഹ ഇന്നും നമുക്ക് ബദരീനാഥത്തിൽ ദർശനത്തിന് പോകുമ്പോൾ കാണാൻ പറ്റും ബദരിനാഥൻ്റെ പുണ്യക്ഷേത്രത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം ദൂരെയാണ് സരസ്വതി നദിയുടെ പ്രഭവസ്ഥാനം മറ്റ് നദികളെ പോലെയല്ല സരസ്വതി ഉത്ഭവിക്കുന്നത് മറ്റ് ഗംഗ് ഗംഗയും യമുനോത്രിയും ഒക്കെ അത് ഗംഗയും യമുനൊക്കെ ചെറിയ ചെറിയൊരു ഉറവുകളായിട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നു പിന്നെ അത് വലിയ വലിയ പ്രവാഹങ്ങളായിട്ട് മാറുന്നു പക്ഷേ സരസ്വതി അങ്ങനെയല്ല വരവ് തന്നെ പെട്ടെന്ന് ഒരു വലിയ വെള്ളച്ചാട്ടം പോലെയല്ല ഈ പൈപ്പിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വെള്ളം വളരെ ഹോഴ്സ് പവറില് അങ്ങോട്ട് തേറിപ്പിച്ചാൽ വരണില്ലേ ആ രീതിയിലാണ് ഹിമോൽ പർവ്വതത്തിന്റെ സാനുപ്രദേശങ്ങളിൽ നിന്ന് സരസ്വതി നദി ഉത്ഭവിക്കുന്നത് ആ സരസ്വതി നദിയുടെ അടുത്തായിട്ടാണ് ഷമ്യാപ്രാസം എന്ന വ്യാസഗുഹ ആ വ്യാസഗുഹയുടെ അടുത്ത് തന്നെ ഇന്നും ചെന്നാൽ കാണാം ഒരു ഗണപതി വിഗ്രഹം വേദവ്യാസന്റെ എല്ലാ കാവ്യങ്ങളും ണപതി തമ്പുരാൻ ആണ് ഒരു പാരാ കമ്പ്യൂട്ടർ പോലെ എല്ലാ വിജ്ഞാനീയങ്ങളും സ്വന്തം ഹൃദയത്തിലേക്ക് അങ്ങനെ ശേഖരിച്ചു വെച്ചൊരു പുണ്യാത്മാവാണത്രേ ഗണപതി തമ്പുരാൻ ഗണപതി ഭഗവാനും അബ്ജയോനിപ്രണയിനിയാകിയ ദേവി വാണിതാനും ഗുണനിധി ഗുരുനാഥനും സദാമേ ണയരുളീടുക കാവ്യബന്ധനാർത്ഥം വേദവ്യാസനും ഗണപതി തമ്പുരാനുമായിട്ട് ചെറിയൊരു കരാറ് ഉണ്ടായിരുന്നു എന്നാണ് സൂചനാ പുരാണങ്ങളിൽ തമ്പുരാൻ പറഞ്ഞു ഞാനെല്ലാം റെക്കോർഡ് ചെയ്തെടുത്തോളാം അങ് എന്ത് പാടിയാലും അത് മുഴുവൻ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഒരു ചെറിയ നിബന്ധനയുണ്ട് അങ്ങ് നിർത്താതെ പാടണം ഇടയ്ക്ക് ഇനി അത് പാടില്ല പാടി തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്തരുത് അതുപോലെ വള്ളി പുള്ളി വിസർഗങ്ങൾക്കൊന്നും ഒരു ഒരു ചെറിയ മാറ്റം വരരുത് അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ശ്രമിക്കാം എന്ന് വേദവ്യാസൻ ആ കൂട്ടത്തിൽ വേദവ്യാസ മഹർഷി ഗണപതി തമ്പുരാനോടും പറഞ്ഞു ഉണ്ണിഗണപതിയോടും പറഞ്ഞു എവിടെയെങ്കിലും അങ്ങനെ കോമ സെമികോളൻ ഇങ്ങനെ ചിലതൊക്കെ വരുമല്ലോ ഇതിപ്പോൾ പാടുന്ന സമയത്ത് അത് പറ്റുമോ അപ്പൊ അത് ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് വെച്ചാൽ വേണ്ട ദിക്കില് ആ വാക്കുകളുടെ ശബ്ദങ്ങളുടെ ശബ്ദവിന്യാസങ്ങളുടെ ആരോഹണ അവരോഹണങ്ങളുടെ ഒക്കെ കാര്യങ്ങളിൽ അവിടുന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നല്ല ഇടയ്ക്ക് അയ്യോ ഒരു മിനിറ്റ് ഇനി പിന്നെ അങ്ങനെ പറഞ്ഞ് നിർത്തേണ്ട ആവശ്യവും എന്ന് വേദവ്യാസനും ഇല്ല എന്ന് ഗണപതി തമ്പുരാൻ അങ്ങനെ വേദവ്യാസനും ഗണപതി തമ്പുരാനും തമ്മിൽ നടത്തിയ കൂട്ടു യത്നങ്ങളുടെ ഫലമായിട്ടാണ് ബ്രഹ്മസൂത്രം വരെയുള്ള മഹൽ ഗ്രന്ഥങ്ങൾ ഇന്ന് പ്രപഞ്ചത്തിന് കിട്ടിയത് എന്ന് സജനങ്ങൾ അനുസ്മരിക്കാറുണ്ട് ഞാനപ്പഴം ആസ്വദിക്കുന്ന കാര്യത്തിൽ സുബ്രഹ്മണ്യ തമ്പുരാനാണ് കൂടുതൽ ഒരു ഒരു ആവേശം എന്നൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും ഗണപതി തമ്പുരാനെ പോലെ എത്ര ആസ്വദിച്ചാലും കഥയമമാ കഥയമമാ കഥകൾ അതീസാദരം കേട്ടാൽ മതി വരാ ഈ ഒരു ഭക്ഷണം കഴിച്ചാ മതിയാവില്ല ഗണപതിക്ക് എന്നാണ് നമ്മൾ പൊതുവെ അല്ല അങ്ങനെയൊരു ധാരണ എന്നിട്ട് ഭക്ഷണങ്ങൾ സദാ ധാരാളം ധാരാളമായിട്ട് ഗണപതി തമ്പുരാന് കൊടുക്കുക ഭക്ഷണം എന്ന് പറഞ്ഞാൽ മനു അന്നഹ അന്നാദ് അന്നം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ തന്നെ ഒരു പര്യായാണ് ഈശ്വരനെ എത്ര ഉൾക്കൊണ്ടാലും മതിയാവാത്ത ഒരു പുണ്യാത്മാവാണ് ശ്രവണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈശ്വരനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാറ് അതുകൊണ്ടാണ് ഏതേത് ഇന്ദ്രിയങ്ങളാണോ നാം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് അതിന്റെ ശക്തി കൂടിക്കൂടി വരും എന്ന് ഇന്നിപ്പോ ബയോടെക്നോളജീസ് പറയാറുണ്ട് അതുപോലെ നമുക്ക് ദൈവം തന്ന ഇന്ദ്രിയങ്ങൾ നാം എത്ര കണ്ടും പ്രയോജനപ്പെടുത്താതെ കൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നും പറയാറുണ്ട് ഗണപതി തമ്പുരാനെ പോലെ ഇത്രയും വിസ്താരമേറിയ ചെവി ആർക്കുണ്ട് കാരണം കഥയമമാ കഥയമമാ കഥകൾ അതീസാദരം കേട്ടാൽ മതീവരാ ഇങ്ങനെ ഭഗവത് കഥാശ്രവണത്തിൽ അവിടുത്തേക്കുള്ള ഏറ്റവും വലിയ താൽപര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അവിടുത്തെ വിശാലമായ ചെവി വിശാലമായ ഹൃദയം പോലെ വിശാലമായ ബുദ്ധി പോലെ തന്നെ വിശാലമായ ചെവിയും വിശാലമായ ഹൃദയവും എല്ലാം ഗണപതി തമ്പരാനുണ്ട് വേദവ്യാസൻ ഇപ്പോൾ തൻ്റെ ആ സരസ്വതീ നദിയിൽ ഒന്ന് മുങ്ങിക്കുളിച്ച് സ്വാശ്രമേ പൂർവ്വവത്സ്ഥിത തന്റെ ആശ്രമത്തിൽ ഇരുന്ന് ഭഗവാനെ മനസ്സിൽ ഒന്നിങ്ങനെ ധ്യാനിച്ചു ത്രിഭുവനകമനം തമാലവർണംവിരഗൗര സാക്ഷാൽ സൂര്യരശ്മികൾ പോലെ സൂര്യരശ്മികൾ പോലെ പ്രകാശിക്കുന്ന അവിടുത്തെ തിരുവിടൽ അവിടുത്തെ ശരീരത്തിൽ നിന്ന് തന്നെ എന്തെന്നില്ലാത്ത പ്രകാശരശ്മികൾ വർണ്ണരശ്മികൾ എമ്പാടും എമ്പാടും എമ്പാടും പരക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറൂ കയ്യിൽ കൂട്ടി തിറമോടൂ കെട്ടി കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണി ൂനേ ചിഹ്നം കുറു നിര തന്മേൽ നനൂ നനേ പൊടിഞ്ഞുരു പൊടി പറ്റി തിലകവൂമൊട്ടൂ വിയർപ്പിനാൽ നനഞ്ഞുലു സൃഷ്ടിച്ചു ഹരിച്ചു സംഹരി ചിളകുന്ന ചില്ലീ യുഗളഭംഗിയും അടിയാരെ കരുണയും കഠിന ദുഷ്ടരോടെഴുന്ന കോപവും മടുമൊഴിമാരിൽ വളർന്ന രാഗവും കലഹം കണ്ടൊരൽഭൂതരസങ്ങളും ചവലന്മാരോടൂ കലർ മഹാസവും എതിരിടും നോർക്കൂ ഭയങ്കരത്വവും പലവും മിങ്ങിനെ മവനവ കലർന്ന നേത്രവും മകരകുണ്ടലം പ്രതീബിംബിക്കുന്ന കവിൾ തടങ്ങളും മുഖ സരോജവും വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞ നാസിക സുമന്ദഹാസവും അധര ളസിയും നല്ല സരസിജങ്ങളും ഇളതായിടിന തളീരുകളുമായി ഇടകലർന്നുടനിളകും മാലകൾ തടയും മുത്തുമാലകളും കൗസ്തുഭമണിയും ചേരുന്ന ഗളവും ചമ്മട്ടീ പിടി ചൊരു കര തലവും കുങ്കുമം മുഴുക്കെ പൂശിന തിരൂമാറുമാറും നിറന്ന മഞ്ഞപ്പൂന്തുകിലും കാഞ്ചികൾ പദസരോരുഹയുഗവും എന്നുടേ ഹൃദയം തന്നിലങ്ങിരിക്കും പോലെ അം മണിരഥം തന്നിൽ അകം കുളീർക്കവേ മണിവർണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ അവശ്യൽ പുരുഷം ശ്രയം വേദവ്യാസ മഹർഷീശ്വരന് മാത്രമേ രണ്ടും ഒരുമിച്ച് കാണാൻ സാധിച്ചുള്ളൂ ഭഗവാനെ കണ്ടു ഭഗവാന്റെ മായയെയും അദ്ദേഹം കണ്ടു മായ വാസ്തവത്തിൽ ഈശ്വര ചൈതന്യത്തെ മറയ്ക്കുന്ന ഒരു പ്രതിഭാസാണെന്നാണ് പൊതുവിശ്വാസം പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേദവ്യാസന് മായ പോലും ഈശ്വരന്റെ ചൈതന്യത്തെ കൂടുതൽ കൂടുതൽ പ്രകടമാക്കുന്ന ഒരു പ്രഭാമണ്ഡലമായിട്ടാണ് അനുഭവപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്രീ അഥോക്ഷ ഈ ആശയഗതി അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് മറ്റത് ധർമ്മത്തിന്റെ പേരിൽ എന്തൊക്കെയോ എന്തൊക്കെയോ ിക്കുകയണ്ടായി പല പല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മഹാഭാരതത്തിൽ സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ അവതരിപ്പിച്ചു സാക്ഷാത് അർജുനനെ അവതരിപ്പിച്ചു എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർദ്ധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവനീതി മതിർമ എന്നു വളരെ വ്യക്തമായിട്ട് ഭാരതത്തിൽ താൻ പ്രതിപാദിക്കുകയുണ്ടായി പക്ഷേ ഭാരതത്തിലെ ആ കഥാപാത്രങ്ങളെ ശ്രീനാരദ മഹർഷിയുടെ ശ്രീമുഖത്ത് നിന്ന് ലഭിച്ച പ്രകാശിതകോപി നവീനമാർഗ ഒരു പുതിയ വെളിച്ചത്തിൽ അതേ കഥാപാത്രങ്ങളെ താൻ ഒന്ന് നോക്കി കണ്ടപ്പോൾ തന്റെ കാഴ്ച കാഴ്ചപ്പാടിൽ ചെറിയൊരു മാറ്റം വന്നു കാഴ്ചപ്പാടിലെ മാറ്റങ്ങളിലൂടെയാണ് നമ്മുടെ കാഴ്ചകൾക്ക് വീക്ഷണങ്ങളിലും വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത് ധർമ്മത്തെ മനുഷ്യന് ിദ്ധികളാണ് പല സിദ്ധികൾ ഉള്ളതിൽ നാലെണ്ണമാണ് മനുഷ്യന് മാത്രമായിട്ട് ദൈവം നൽകിയ മുഖ്യ സുദ്ധി സിദ്ധികളിൽ പ്രധാനം ഒന്ന് ബുദ്ധി രണ്ട് മനസ്സ് മൂന്ന് വാക്കുകള് നാല് ഇന്ദ്രിയങ്ങള് ഇതിൽ ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികളെ ആസ്പദമാക്കിയിട്ടുള്ള ധർമ്മത്തെയാണ് ഭാരതത്തിലൂടെ വേദവ്യാസ ആവിഷ്കരിക്കാൻ ശ്രമിച്ചതെന്ന് അദ്ദേഹത്തിന് തന്നെ അതിനപ്പുറത്തൊരു സമീപനമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് എന്നുള്ളത് വളരെ ശക്തമായൊരു ഭാവമാണ് മനസ്സിന്റെ സങ്കല്പമില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല ബുദ്ധിക്ക് പോലും പ്രസക്തി ഇല്ലാതെ കണ്ടായിത്തീരും മനസ്സ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ശരീരത്തിന് പോലും പ്രസക്തി ഇല്ലാതെ കണ്ടായിത്തീരും ഇന്ദ്രിയങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെ കണ്ടായിത്തീരും വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാതായിത്തീരും അപ്പൊ മനസ്സിനും വാക്കുകൾക്കും അതുപോലെ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിലെ സങ്കല്പങ്ങൾ മറ്റൊരു മനസ്സിലേക്ക് പകർന്നു നൽകാൻ സഹായിക്കും